അത് നമുക്കിപ്പം മനസ്സിലാവില്ല അയാൾ ഇതൊന്നും ഇല്ലെന്ന അത് അജാതം നിത്യജാതമാണ് നാരായണ ഗുരുവിന്റെ ഈ ശ്ലോകങ്ങളിൽ ആ ഭാഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ദർശനമാലയില ഇവിടെ അജാതം നിത്യജാതമല്ല ഇവിടെ വിവർത്തത്തെയാണ് ആ വിവർത്തത്തെ ഭംഗിയായ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഇതെല്ലാം ഒന്നാണ് പാല് തന്നെ ന്നെ വെണ്ണ പാലു തന്നെ തൈര് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം ഏകമായൊരു വസ്തുവിൻ്റെ പരിണാമഭേദങ്ങൾ മാത്രം വേറിട്ടൊന്നില്ല ഒന്നിൽ നിന്ന് അന്യമായി സൂക്ഷ്മ ദൃഷ്ടിയിൽ യാതൊന്നുമില്ല ഞാൻ രാമൻ അവൻ കൃഷ്ണൻ എന്ന് വേർതിരിച്ചു പറയാവുന്ന ഒന്നും ഇവർ തമ്മിലില്ല കാരണം പഞ്ചഭൂത സമ്മിളിതമായ ശരീരം കേവലമായ ആത്മബോധം സ്വാഭാധികതയിലും നിരുപാധികതയിലും അഭിന്നമായതിനെ ഭിന്നമായി കാണുന്നത് അജ്ഞാനം അഭിന്നമാണെന്ന് കാണുന്നത് ജ്ഞാനം അവിടെയാണ് നീതന്നെ സൃഷ്ടി നീതന്നെ സൃഷ്ടാവൂ ബോധത്തിൽ വരുന്ന ആന്തോളനമാണ് സൃഷ്ടിക്ക് കേതു ആ ബോധം തന്നെയാണ് സൃഷ്ടിയായി സൃഷ്ടിക്കാനുള്ള അജ്ഞാനവും നീതന്നെ മായയും നീ തന്നെ സൃഷ്ടിയുടെ സാമഗ്രി മായയാണ് മായയില്ലെങ്കിൽ സൃഷ്ടിയില്ല വിക്ഷേപാവരണങ്ങളായി പിരിയുന്നത് അത്രയും നീ തന്നെയാണ് മായ നിന്നിൽ നിന്ന് അന്യമല്ല എന്നുവരുന്ന വിശിഷ്ടോട് വളരെ ചേർന്ന് നിൽക്കുന്ന ചിന്ത നീതന്നെ സൃഷ്ടി നീതന്നെ സൃഷ്ടാവ് നീതന്നെ സൃഷ്ടിക്കുള്ള സാമഗ്രി നീതന്നെ സൃഷ്ടി ജാലം അങ്ങനെയാണെങ്കിൽ നീ തന്നെയാണ് അപ്പോ മായ നീയല്ലോ മായയും മായും നീയല്ലോ മായേ നീക്കി സായുജ്യം നൽകും മായ നീയാണ് മായാവി നീയാണ് മായാവിനോദൻ നീയാണ് മായേ നീക്കി എനിക്ക് മോക്ഷം തരണ്ട ആര്യനും നീ തന്നെയാണ് മായാവിയും മായാവിനോദനും നീയല്ലോ മായേ നീക്കി സായുജ്യം നൽകും മായ മായാവി മായാവിനോദൻ സാധാരണ ജീവിതം എടുത്താലും കർത്തവ്യം ഭോക്തവ്യം പ്രാപ്തവ്യം എന്ന് മൂന്നുണ്ടാവും അപ്പോ സമഷ്ടിപുരുഷനെ സംബന്ധിച്ച് മായ അത് നീ തന്നെയാണ് മായാവിയും നീയാണ് മായയെ സൃഷ്ടിക്കുന്നവൻ മായാവി ആ മായയിൽ ഇരുന്നു കൊണ്ട് മായയെ ആസ്വദിക്കുന്നവനും നീയാണ് മാ ഇനി മായ നീക്കി മോക്ഷപഥത്തെ പ്രാപിപ്പിക്കുന്നവനോ അതും നീ തന്നെയാണ് ഇതിലേതെങ്കിലും ഒന്ന് നീ അല്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള എല്ലാവരും തെറ്റി അതുകൊണ്ട് ഇതുവരെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള കാര്യകാരണ സംബന്ധവാദവും ആശയവാദവും വിശ്വവ്യവസ്ഥാവാദവും അതേപോലെ തന്നെ സ്വദേശ്യതാവാദവും എല്ലാം അതിക്രമിച്ച് സൃഷ്ടി എന്നൊന്നില്ല അറിവില്ലായ്മയിലാണ് സൃഷ്ടി അനിവാര്യമാണെന്ന് തോന്നുന്നത് അതിന് കാരണം നാം ആദ്യം പറഞ്ഞ ഉപോദ്ഘാതമാണ് ഇതിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു പഠനത്തിൻ്റെ രണ്ട് തലങ്ങൾ പറഞ്ഞു അറിവിൽ നിന്നുള്ള വളർച്ച അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കുള്ള വളർച്ച ഓർമ്മയുണ്ടാവും നിങ്ങൾ ആദ്യത്തത് പഠിക്കാതിരിക്കുകയും രണ്ടാമത്തത് പഠിച്ചുറയ്ക്കുകയും ചെയ്തതുകൊണ്ട് ഇത് തലക്കേറില്ല അതാണിതിൻ്റെ വൈകല്യം അതുകൊണ്ടാണ് സൃഷ്ടി ഒരനിവാര്യതയാണെന്ന് നമുക്ക് തോന്നുന്നു നിങ്ങൾ വിചാരിക്കുന്ന സനാതനധർമ്മം എന്നൊന്നിൻ്റെ രക്ഷകരായി നിങ്ങൾ എത്തണമെന്ന മോഹം പോലും ഈ മതപരിവർത്തനത്തിൻ്റെ ലക്ഷണമാണ് സമറ്റിക് ചിന്തയിലാണെന്ന് നിങ്ങൾ നിലകൊള്ളുന്നത് പ്രകട ഉദാഹരണമാണ് ആ മതങ്ങളോടും ആ ചിന്തകളോടും നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ താരതമ്യപ്പെടുത്തുന്നത് പോലും സമന്വയമില്ലാത്ത സാചാത്യമില്ലാത്ത രണ്ട് മാതൃകകളാണിവ അതറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ ആദ്യം പറഞ്ഞാൽ തലോ ഇതും യോജിപ്പിക്കണം അറിവിൽ നിന്നുള്ള വികാസം അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കുള്ള വികാസം അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് വികസിക്കുമ്പോൾ ആ തലം സ്വീകരിച്ചു കഴിയുമ്പോൾ നാം അറിയാതെ അറിവിൻ്റെ പുതിയൊരു ചിന്താധാര എവിടെ ഉണ്ടാവും ആ ചിന്താധാര പൗരാണികമായ വൈദിക ചിന്താധാരയ്ക്ക് വിരോധിയുമാണ് മനസ്സിനെ ബുദ്ധിയെ ചിത്തത്തെ അഹങ്കാരത്തെ ഒക്കെ പഠനോപാധികളായി സ്വീകരിക്കുമ്പോൾ വിദ്യ സൂക്ഷ്മമാകുന്നു ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും യാഥാർത്ഥ്യമെന്ന് അവഗ്രഹിക്കുമ്പോൾ അറിവ് ലോകത്തെയും മാനസപ്രത്യക്ഷമായ സൂക്ഷ്മ ദേവതാലോകങ്ങളെയും ഉല്ലംഘിക്കുമ്പോൾ അറിവേകമായ ആഗ്രഹണമാകുന്നു അനുഭൂതി സമ്പത്തുകൊണ്ട് കടന്നു പോകുമ്പോൾ ഏകമായ അറിവ് മാത്രമാകുന്നു ഇത് അവിടെ ഞാനുണ്ടെന്നും ജഗത്തില്ലാത്തതാണെന്നും ബോധ്യപ്പെടുന്നു രണ്ടാമത് പറഞ്ഞ തരം അറിവിൽ എനിക്ക് മുമ്പ് ഈ ജഗത്തുണ്ട് ഞാനുള്ളപ്പോഴീ എനിക്ക് ശേഷം ഈ ജഗത്തുണ്ടായിരിക്കുകയും ചെയ്യും എന്ന അറിവിൽ അറിവിൻ്റെ അടിസ്ഥാന തന്തുവായ ഞാൻ നശ്വരനും ജഗത്തനശ്വരവുമാവുന്നു നിങ്ങളുടെ പഠിപ്പിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇതാണ് അതുകൊണ്ട് നിങ്ങളേക്കാൾ പ്രാധാന്യം നിങ്ങൾ അധിവസിക്കുന്ന ഭൂമിയുടെ ചരിത്രത്തിനുണ്ടാകുന്നു നിങ്ങളാണീ ചരിത്രമെന്ന് അറിയുമ്പോൾ നിങ്ങളുടെ ജഗത്ത് ഉപ്പുമുക്കിക്ക നൂലെന്ന പോലെ കാണപ്പെടുന്നു മനസ്സിലായില്ല ഒരൻപത് പൈസ ഒരു നൂല് കെട്ടുക തൊയ് വീട്ടു ഉപ്പിൽ മുക്കുക നല്ലതുണങ്ങുക ഉപ്പിൽ മുക്കി നല്ലപോലെ ഉണങ്ങിയിട്ട് ഉപ്പുവെള്ളത്തിൽ നല്ലപോലെ മുക്കുക നല്ല കുറുകിയ ഉപ്പ് വെള്ളത്തിൽ നല്ലൊരു ഉണങ്ങിയിട്ട് കെട്ടിത്തൂക്കുക ആ നൂല് കത്തിച്ച് കളയുക നിങ്ങൾക്ക് കാണാൻ നൂലുണ്ടാവുകയും അൻപത് വയസ്സാണ് നാണയം തൂങ്ങി കിടക്കുകയും ചെയ്യും എന്നാൽ അത് തൊട്ടുപോയെങ്കിൽ തഴ വീഴുകയും നൂല് പൊടിഞ്ഞ് ഭസ്മമായിരിക്കുകയും ചെയ്യും മനസ്സിലായില്ല പരീക്ഷിക്കുന്നേ അതിനെപ്പറ്റി നമ്മൾ തറക്കിച്ച് തീരുമാനിക്കില്ല വീട്ടിൽ പരീക്ഷിക്കുക ഒരു മടക്കുള്ളൂ ഒരു പത്ത് വയസ്സാണ് നാണയം കെട്ടിടം കത്തിച്ചേ പോലെ ഇത്രയല്ലേ വീണ്ടുള്ളൂ സിമ്പിളല്ലേ പണൂടിന്റെ ആകൃതിയിൽ ആ നാണയത്തെയും തൂക്കി പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇഹ് ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഈ ജഗത്ത് ഭസ്മമായി കാണുവാൻ അവന് കഴിയും ഇഹ്വ ഐർജിത സർഗ അഞ്ചാം അധ്യായം പത്തൊൻപതാം ശ്ലോകമാണെന്ന് തോന്നുന്നു ഇവിടെ ഇരുന്ന് തന്നെ ഇത് അനുഭവിച്ചാലേ അനുഭവമാവുള്ളൂ അല്ലാതെ ഈ ശരീരമൊക്കെ പോയി കഴിഞ്ഞിട്ട് മോക്ഷമൊന്നുമില്ല ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ നീ കിട്ടില്ല അടുത്ത ജന്മം വേണം മോക്ഷം മാനവ ശരീരത്തിലിരുന്ന് മാത്രമേ ഉള്ളൂ മനനം ചെയ്യാതെ ലഭിക്കില്ല അതുകൊണ്ട് തന്നെ കത്തിക്കരിഞ്ഞ ചാമ്പൽ എന്ന പോലെ ഈ ജഗത്ത് ഒരുവന ഉള്ളിൽ ശോഭിക്കണമെങ്കിൽ അവൻ ജാഗ്രത് സ്വപ്ന സുശുദ്ധികളെയും അവൻ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെയും തിരിച്ചറിയണം അവൻ അവൻ്റെ ബോധത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂതവും ഭാവിയും ഇല്ലെന്നും വർത്തമാനമേ ഉള്ളുവെന്നും അതുകൊണ്ട് തന്നെ ജഗത്തില്ലെന്നും ഞാനേ ഉള്ളൂവെന്നും അവന് ബോധ്യമാവും അവൻ്റെ ബോധ സീമയ്ക്ക് വെളിയിലേക്ക് വർത്തമാനം തന്നെയാണ് ഭൂതമായോ ഭാവിയായോ നീങ്ങുന്നതെന്നും ബോധത്തിന് മാത്രമാണ് ഈ ഉള്ളതെന്നും ഈ ബോധമുള്ളതുകൊണ്ടാണ് ഒരു പൂർവകാലം കാണുന്നതെന്നും ആ പൂർവകാലം വർത്തമാനത്തിൽ തന്നെയാണ് കളിക്കുന്നതെന്നും ഞാനെന്ന വർത്തമാനത്തിൽ മാത്രമേ എൻ്റെ ഭൂതകാലങ്ങളാകുന്ന ചരിത്രങ്ങൾ കളിക്കുകയുള്ളൂവെന്നും അതിന് ചെലവാക്കുന്നത് എൻ്റെ വർത്തമാനത്തെ തന്നെയാണെന്നും അതാണ് എൻ്റെ മോക്ഷത്തിന് തടസ്സമെന്നും അത് തന്നെയാണ് എൻ്റെ വർത്തമാനത്തെ വിശ്ലഭമാക്കുന്നതെന്നും വിവരമുള്ളവന് മനസ്സിലാവും ഇന്ന് എനിക്ക് അൻപത് മായാവി നീ തന്നെയാണ് മായാവിനോദൻ നീ തന്നെ വിചാരിച്ചാലേ മായയെ എനിക്ക് സായുധ്യം തരാനും പറ്റുള്ളൂ മനസ്സ് തന്നെയാണ് എൻ്റെ മംഗല്യം മന ഏവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോ മനകൃതൃതം രാമാനശരീരകൃതം കൃതം വാലിംഗ്യത മായ എന്നത് ഈ മനസ്സു തന്നെ സങ്കല്പവികൽപാത്മകമായ മനസ്സാണ് സൃഷ്ടിയുടെ എല്ലാ രംഗങ്ങളിലും കളിക്കുന്നത് മനസ്സു തന്നെയാണ് മായ എവിടെ മനസ്സ് മൃതമാകുന്നുവോ അവിടെ മായ ഇല്ലാതാകുന്നു ഞാൻ മോക്ഷത്തിലാവുന്നു ഇതിനപ്പുറം പ്രായോഗികയില്ല വരുമ്പോൾ ഏതാണ്ട് പക്ഷേ ഉപരിലോകങ്ങളിലെ കേൾക്കാനും നിത്യജീവിതത്തിന് പ്രയോജനപ്പെടാത്തതും അതുകൊണ്ടാണ് പിള്ളേരാരും പോരാത്തത് ഇപ്പം ഞങ്ങൾ കേട്ടിട്ട് നിന്ന് മോട്ടോട്ട് പോകാം നിങ്ങളെ നിത്യജീവിതവും ഇത് തന്നെയാണ് ഇതറിഞ്ഞിട്ടേ ജീവിക്കാൻ തുടങ്ങാവുന്ന അറിഞ്ഞു കഴിഞ്ഞാലോ ഇതൊന്നും വിവാഹം കഴിക്കുന്നതിന് കൂടി ആലോചിക്കണമായിരുന്നു എങ്കിലെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാമായിരുന്നു പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞാലോ കഴിക്കത്തുമില്ല കഴിയത്തില്ല ശുരക്ഷത്തിലൊരു അറിഞ്ഞില്ലെങ്കിൽ ജീവിതവും ഇല്ല ജീവിതത്തിൻ്റെ മോചനമില്ല ും ടി മനസ്സിലായത് ഇല്ലേസ്റ്റ് നോ ദിസ്റ്റ് ഇല്ലെങ്കിൽ അത് കിട്ടില്ല ഭാഷയുടെ ഏറ്റവും വലിയ കളി എവിടെയാണ് അത് കിട്ടി ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കാം കാരണം ഈ വർത്തമാനവും ഭൂതവും ഭാവിയും ഒക്കെ ഏകമായൊരു വർത്തമാനത്തിലാണ് ഇതല്ലാതെ വരുന്നത് നിങ്ങളുടെ ആധുനിക പഠിപ്പ് ആധുനിക പഠിപ്പിൽ ഞാനിരുന്ന ഈ സാധനം എനിക്ക് മുമ്പുണ്ടായിരുന്നു ഇതെൻ്റെ ബോധത്തിൻ്റെ തോന്നൽ മാത്രമാണ് അത് ഞാനും വേറെ നിങ്ങളിൽ കുറെ പേരും ചേർന്നുണ്ടാക്കുമ്പോൾ അത് ഒന്നിച്ചുള്ള വാസനയാകുമ്പോൾ എൻ്റെ പിൻവലിച്ചാലും അവരുടേതായി ഇവിടെ നിൽക്കുന്നു ഈ ഭിത്തി മുമ്പുണ്ടായിരുന്നില്ലേ എന്നും ഇവിടെ വന്ന ഏതെങ്കിലും ഒരു സ്വാമിജിക്ക് അദ്ദേഹത്തിൻ്റെ ബോധത്തിൽ അങ്കുരിച്ചതും ആ ബോധം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവരെ സമഷ്ടിയിൽ സങ്കൽപ്പിച്ചതും അവർ ചേർന്നുണ്ടാക്കിയതുമായ വ്യക്തിയിൽ മാത്രം നിലവുള്ളാത്ത സ്വപ്നമായി വികസിച്ചതുകൊണ്ട് അത് ആ പോകുമ്പോഴും നിലനിൽക്കുന്നു അല്ലെങ്കിൽ നിലനിൽക്കില്ല ക്ലിയറായില്ല വൃഷ്ടി സ്വപ്നങ്ങളാണ് സമഷ്ടിക്ക് സമർപ്പിക്കുന്നത് സമഷ്ടിയുടെ സ്വപ്നമായി അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെഷ്ടി പിൻവാങ്ങുമ്പോഴും കണ്ടേക്കാം സമഷ്ടിയുടെ ബോധത്തിൽ ഇല്ലെങ്കിലില്ല അതിന് വൃഷ്ടി സമഷ്ടികളുടെ ആന്തോളനങ്ങൾ അറിയാത്ത അജ്ഞാനികൾ എനിക്ക് എങ്കിലേകം ഉണ്ടായിരുന്നുവെന്നും ഇപ്പോഴുണ്ടെന്നും നാളെ ഉണ്ടായിരിക്കുമെന്നും അതുകൊണ്ട് ഞാനൊരു ക്ഷണികമാണെന്നും ചിന്തിക്കുമ്പോൾ ജഡമായ ജഗത്തിന്റെ അനശ്വരതയും സചേതനമായ ജീവന്റെ നശ്വരതയുമാണ് അവൻ പഠിച്ചുവശാവുന്നത് ആധുനികമെന്നോ പാശ്ചാത്യമെന്നോ ആധുനിക പൗരത്യമെന്നോ ഒക്കെ വിശേഷിപ്പിച്ചേക്കാവുന്ന ഈ അറിവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ് ഇന്നത്തെ പഠനങ്ങൾ എന്നുള്ളതാണ് ഇത് മനസ്സിലാകാനുള്ള തടസ്സവും വേറെ തടസ്സങ്ങളില്ല അതുകൊണ്ട് ഞങ്ങളും ഇരുന്ന് ഗവേഷണം ചെയ്യുന്നത് എങ്ങനെ ആധുനിക പഠിത്തത്തോട് പ്രാചീന പഠിത്തങ്ങൾ യോജിക്കുന്നുവെന്ന് കാണിച്ചു തരാനാണ് സമന്വയിക്കല്ല ഇത് എത്രത്തോളം അതിലുണ്ട് അതിനാണ് ഞങ്ങൾ ശാസ്ത്രങ്ങളെ മുഴുവൻ ഇതിലേക്ക് വലിച്ചയക്കാൻ ശ്രമിക്കുന്നത് ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആധുനിക ശാസ്ത്രം ഒരിക്കലും ശാസ്ത്രാവല്ല ശാസ്ത്രം ശാസിക്കുന്നവനാണ് ആധുനിക പഠിപ്പുകൾക്ക് നിങ്ങളെ ശാസിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതായോധനത്തിലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഇന്ന് മനുഷ്യൻ ചെയ്തു പലതും ഇന്നലെയുള്ളവൻ ചെയ്യാത്തതാണ് ഇന്നലത്തെ അവൻ ശാസ്ത്രം ഉൾക്കൊള്ളുകയും ശാസ്ത്രാവിനെ അംഗീകരിക്കുകയും ശാസ്ത്രം അവൻ്റെ തന്നെ ബോധമായി നിന്ന് അവർ വഴിയും വെളിച്ചവും ആവുകയും ചെയ്തു ഇന്നില്ല ഇന്ന് നിങ്ങൾ പഠിക്കുന്നത് ഇനിയും ഒരിക്കൽ ആവശ്യം വന്നാൽ മറ്റൊരാളെ പഠിപ്പിച്ച് കാശ് വാങ്ങിക്കാൻ മാത്രമാണ് അത്രയും മാത്രമേ പഠിപ്പിന് പ്രയോജനമുള്ളൂ ഒള്ളി ഫോർ ആൻ അക്കാഡമിക് ഇൻട്രസ്റ്റ് എന്നാണ് അതിൻ്റെ നിങ്ങളുടെ തന്നെ പദം നിങ്ങൾ പഠിച്ച കെമിസ്ട്രി നിങ്ങൾ പഠിച്ച ഫിസിക്സ് നിങ്ങൾ പഠിച്ച ലിറ്ററേച്ചർ ഇതിലേതെങ്കിലും അല്പമാത്രമെങ്കിലും പ്രയോജനം ഇങ്ങനെയുള്ളതല്ലാതെ പഠിപ്പിക്കാൻ പോയവന് കാശിനുള്ള പ്രയോജനം മാറ്റി നിർത്തിയാൽ അല്ലാത്ത രംഗങ്ങളിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനം തന്നിട്ടുണ്ടോ ആത്മാർത്ഥമായ അവനവനോട് ചോദിക്കുക കെമിസ്ട്രി പഠിച്ച മെറ്റലർജിയോ ഓർഗാനിക് കെമിസ്ട്രിയോ എന്തിനാണ് പഠിച്ചതെന്ന് പഠിപ്പിച്ചവരോടും അതിന് സിലബസ് കണ്ടെത്തിയവരോടും അത് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ ശാസ്ത്രജാരന്മാരോടും പഠിച്ച നിങ്ങളോട് തന്നെയും ഒന്ന് ചോദിക്കുക പ്രാചീനം പഠിച്ചതെല്ലാം അവന് പ്രയോജനപ്പെടാനാണ് എല്ലാം അവനിരുന്ന് ഒന്ന് ശിവായ ജവിച്ചുകഴിയുമ്പോഴും അവനിരുന്ന് ചിങ്ങം കന്നി തുടാം വൃക്ഷികം തുണി മകരം കുമ്പം വന്നുവിട്ട് പഠിക്കുമ്പോഴും അത് കഴിഞ്ഞ് ഒന്ന് ഒന്നോണ് രണ്ടൊന്നും രണ്ട് മൂന്നൊന്ന് പട്ടിയെ തൊല്ലി പഠിക്കുമ്പോഴും ഇങ്ങനെയൊക്കെയാണ് പണ്ട് പഠിച്ചിരുന്നെന്ന് തോന്നുന്നു വീടുകളിലിരുന്ന് ആഴ്ചകൾ കാണാതെ പഠിക്കുമ്പോഴും പക്കങ്ങൾ പഠിക്കുമ്പോഴും മുഹൂർത്തങ്ങൾ പഠിക്കുമ്പോഴുമെല്ലാം അതവൻ്റെ കൃഷിയിലും വാണിജ്യത്തിലും അവൻ്റെ ജീവിതത്തിലും അവന് വഴിയും വെളിച്ചവുമായെന്നും അവനെ ശ്വാസിച്ചു കൊണ്ട് നിൽക്കും അവനൊരു കപ്പ കുഴിച്ചു വെക്കാൻ തടമെടുക്കുമ്പോൾ പഠിച്ച പാഠത്തിൽ നിന്നൊരു ഉൾവെളിയിൽ ശാസ്ത്രമായി ഉയർന്നു വന്ന് അവനെ ശാസിക്കും ഇത് വെളുത്ത പക്കമാണ് ഇത് കറുത്ത പക്കമാണ് നീ ഇപ്പോഴാണോ ഇത് കുഴിച്ചു വയ്ക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ നീ കുഴിച്ചു വെച്ചാൽ ഇതെല്ലാം വേരായിപ്പോവില്ലേ നീ എന്തെല്ലാം വളം നൽകിയാൽ ഇത് ഈ കപ്പ തിന്നാൻ കൊള്ളുവോ നീ കുടിച്ച് വെച്ചുകൂടാം നനച്ചു പിടിപ്പിക്കാം കപ്പയ്ക്ക് കിഴങ്ങുണ്ടാക്കാം കൊണ്ടുപോയി വെക്ക് മറ്റുള്ളവരെ കളിപ്പിക്കാം എന്നല്ല നീ സീസണിലല്ലാതെ ഈ പഴം പറിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിലുണ്ടായ ഏതോ വിക്ഷോഭം കൊണ്ടുണ്ടായ ഹോർമോണുകളുടെ ആന്ദോളനമുള്ള ഈ പഴം നീ ഭക്ഷിക്കുന്നതോടുകൂടി നിന്നിലുള്ള ഹോർമോണുകൾക്ക് മാറ്റം വരികയും നീ പുരുഷനാണെങ്കിൽ പൗരുഷം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾക്ക് ആദോളനം വരുമ്പോൾ നിന്റെ ോസ്റ്റേറ്റിൽ വരെ ആയിരമായിരം മാറ്റങ്ങൾ ഉണ്ടാവാം നീ പഴം തിന്നുകൂടാ ഇത് അൺസീസണലാണ് നീ ഒരു പെൺകുട്ടിയല്ലേ നീ ഇത്ര പഴം പറിച്ച് തിന്ന് സീസണൽ ഇല്ലാത്തത് കഴിച്ച് നിങ്ങളിലെ സ്ത്രൈണ ഹോർമോണുകൾ മാറി നിന്റെ താടിയിലെല്ലാം രോഗങ്ങൾ ഉണ്ടാവില്ലേ നീ പുറത്തിറങ്ങി കിടക്കുമ്പോൾ ആളുകളെ എങ്ങനെ നോക്കും നിന്റെ പീരിയഡ്സ് ഒക്കെ നിന്നു പോകില്ലേ ചോദ്യം മനസ്സിലായില്ല ഇത് പഴമയുടെ പാഠം നിങ്ങൾ എം ബി എടുത്തു കഴിഞ്ഞ് ഗൈനക്കോളജിസ്റ്റ് മകൾക്ക് വഴിയിൽ നിന്ന് കെണ്ടക്കി ചിക്കൻ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നാൽപ്പത്തിയെട്ട് ദിവസം കൊണ്ട് കോഴിയെ പൂർണ്ണ ഉറച്ചെത്തിച്ച ഹോർമോണുകൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കടന്നു കയറി ആഹാരം പാചകം ചെയ്ത് രൂപാന്തരപ്പെട്ട് വരുമ്പോൾ പന്ത്രണ്ട് വയസ്സിൽ കുട്ടി കഴിച്ച കോഴി പതിമൂന്ന് വയസ്സിൽ വീണ്ടും കഴിച്ച് പതിനാല് വയസ്സിൽ വീണ്ടും കഴിച്ച് ആഴ്ച തോറും പോയി ഹോർമോ ഇത് അടിച്ചു കയറ്റിക്കഴിഞ്ഞ് പതിനാലാമത്തെ വയസ്സിലെത്തിയപ്പോൾ മെൻസറൽ പീരീഡ് നിന്നു കുറേശക്ാടിക്രോമങ്ങൾ വളർന്നു മീശ നല്ലപോലായി ഞാൻ ചിന്മാർമല്ല നേരെ കൊണ്ടുപോയി പഠിക്കാൻ എടുത്തേണ്ടടുത്ത് കൊണ്ടുപോയി പറിച്ച് ഡവിൽ വരട്ടി വളർന്നു മനുഷ്യർ പീരീഡ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഹോർമോൺ ഇഞ്ചക്ട് ചെയ്തു പീരീഡ് ഒന്ന് ബ്ലീഡിങ് നിൽക്കുന്നില്ല വീണ്ടും ഒരു ഹോർമോൺ ഇഞ്ചെക്ഷൻ കൊടുത്തു എന്നു വാങ്ങിക്കുന്നു മാറ്റിൻ്റെ ഒരാർത്തി പോലും വായിച്ച് നോക്കിയില്ല കൊടുത്തത് സിന്തറ്റിക് ഹോർമോൺ മുപ്പത്തിയഞ്ച് വയസ്സെത്തി ബ്രസ്റ്റിൽ ക്യാൻസർ യൂട്രസിൽ ക്യാൻസർ സിന്തറ്റിക് ഹോർമോണിൻ്റെ സൈഡ് എഫക്ട് ശാസ്ത്രം നിങ്ങൾക്ക് ശ്വാസാവല്ല ശാസിധാരവുമല്ല ഞാൻ ഉദാഹരണത്തിന് വേണ്ടി കെട്ടുകഥ പറഞ്ഞതല്ല ശാസ്ത്രത്തിൻ്റെ അന്തരേന്ദ്രിയ മണ്ഡലത്തിൽ നിന്ന് തന്നെ പറഞ്ഞത് ഏത് ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെങ്കിലും വെല്ലുവിളിക്കാം ഞാൻ ഉത്തരവും പറയാം പഴയത് വെച്ചല്ല പുതു വെച്ച ഇത് മാറ്റണ്ടെങ്കിൽ എക്സ്ട്രോ ഫാർമക്കോഡിയ തർട്ടി ഫസ്റ്റ് എഡിഷൻ മനസ്സിലായില്ല മനസ്സിലായില്ല അപ്പം നിനക്ക് എന്തിനാണ് ഈ അറിയത് പ്രാചീനൻ പറഞ്ഞു തോർന്ന വരും മനസ്സിലായില്ല ശുനകന്റെ പുച്ഛം പോലെയാണ് വിദ്യയില്ലാത്തവൻ്റെ ജീവിതം പട്ടിയുടെ പുച്ഛം നോക്കിയിട്ടുണ്ടോപനേ ശക്തം പശുവിനൊക്കെ മറയ്ക്കാൻ ആ വാല് കൊള്ളാം പട്ടിക്ക് അത് മറയ്ക്കാനായിട്ടുള്ള വാലില്ല ഗുഹ്യം മറയ്ക്കാൻ അതിന്റെ വാല് പ്രയോജനപ്രദമല്ലവാരണേ വല്ല കൊതുകും വന്ന് കടിച്ചാൽ അടിക്കാനുള്ള എന്തിനാ പിന്നെ ഈ വാൽ അതിന് വെച്ചു കൊടുക്കും എൻ്റെ സംശയം തുറന്നു അരിക സംശയം എന്ന് ചോദിച്ചിരുന്നു ഞാൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് വേണ്ടത് തീർന്ന ഒരു മാതിരി തയ്യാറെന്ന് ധരിക്കുക ഏ ന്യായമായി ചോദിക്കാതെ ഉത്തരങ്ങൾ പറഞ്ഞേക്കാന്ന് വെച്ചാണ് അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രം പഠിക്കുമ്പോൾ ഓർക്കണം ഇതാണ് മനസ്സ് നിങ്ങളുടെ ആധുനിക പഠനത്തിൻ്റെ പരിപ്രേക്ഷ്യങ്ങളിൽ ഞാനെന്ന കേന്ദ്രബിന്ദു മാറി മറിയുമ്പോൾ ഈ വിശ്വമുണ്ടായ ഞാനുണ്ടായതല്ല ഞാനുള്ളത് കൊണ്ട് എൻ്റെ വിശ്വമുണ്ടാവുകയാണ് ഞാനാണതിൽ സത്യം അതുകൊണ്ടാണ് ഭംഗിയായി പറഞ്ഞത് നീ തന്നെ മായാവീ തദ് നീ എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം തത്ത് അദാകാര വൃത്തി സ്വരൂപാവസ്ഥതിക്ക് അത് അനിവാര്യമെന്ന് പറഞ്ചലി ആ വൃത്തി കൊണ്ടാണ് ഇതര വൃത്തികളെ തടയുന്നത് ഈ വൃത്തികളെല്ലാം ജഗത്താണ് ക്ലിഷ്ടങ്ങളും അക്ലിഷ്ടങ്ങളുമായ വൃത്തികളാണ് ഈ ജഗത്ത് വൃത്തി നിരോധം വന്നാൽ ജഗത്തില്ലാതായി പഞ്ചതയ്യാഹ ക്ലിഷ്ടാഹ അക്ലിഷ്ടാഹ ഭാരതീയാചാര്യന്മാർക്ക് വാക്കിനൊന്നും ഒരു പറഞ്ഞില്ല ഇന്നിപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ് ഇത് കോപ്പി അടിച്ചാൽ പോരെ കോപ്പി അടിച്ച് മെടുക്കന്മാരായിട്ട് ദക്ഷിണയെ വാങ്ങി ഞങ്ങൾ പോകുമ്പം പതഞ്ജലി രൂപ മുകളിൽ നിന്ന് ഇരിക്കുന്നുണ്ടാവും നേരം മണ്ണിൽ പോയാലെങ്കിലും കൊള്ളാമായിരുന്നു അങ്ങനെ പതഞ്ജലി ജിരിക്കാൻ അതിനാണ് വിവരം എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് പോലും മനസ്സിലാകാത്ത നമ്മുടെ പരിപാലനം വിവരക്കേടെന്ന് ഒന്നും മാറ്റാൻ പറ്റും അതുകൊണ്ട് ഇതൊക്കെ എന്നോ ഇതില്ല അറിവിൻ്റെ ആദിമരൂപങ്ങളിൽ ഭാരതീയമായൊരു അറിവ് വെച്ചുകൊണ്ടൊരിക്കലും മാനവ പരിണാമം അറിയില്ലായ്മയിൽ നിന്ന് അറിവിലേക്കാണെന്ന് പറയാനാവില്ല ഇത്രയും ലോകം പുരോഗമിച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് അക്കാലത്തെ അറിവിന്റെ പുസ്തകങ്ങൾ എടുത്ത് നേരെയും വണ്ണം വായിച്ച് പഠിക്കാൻ നമുക്ക് വിവരമില്ല ആ നമ്മളിവിടെയാണ് പണ്ട് വിവരമില്ലായിരുന്നു മനുഷ്യ മനസ്സിന്റെ ഉള്ളരകളെ ഇത്ര അഗാധമായി പഠിച്ചവർ ശാസ്ത്രത്തിന്റെ ഏത് ശാഖയും നിങ്ങളെടുത്തു നാരായണ ഗുരു അതിനെല്ലാം ബഹുമാനിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഏകമായ അറിവാണ് അറിവെന്നാൽ നീ നീ തന്നെ നീ തന്നെ മായാവി നീ തന്നമായ വിനോദൻ ആദ്യം പറഞ്ഞ ദൈവം അറിവ് ദൈവമേ നീയല്ലോ മായയും ദൈവമേ നീയല്ലോ മായേ നീക്ക് സായുജ്യം നൽകും ആര്യനും ഇത് ചേർക്കണം അതുകൊണ്ട് ഇതെല്ലാം നീ തന്നെ ഇത് മായാപക്ഷത്ത് അല്ലെങ്കിൽ മായ വേറെയുണ്ടെന്ന് പറഞ്ഞു പോയാൽ ദൈവമായി വിശിഷ്ടാദ്വൈതത്തിൻ്റെ സമീക്ഷയിലെ ഉദാഹരണത്തിലൂടെ കടന്നു വന്ന് അദ്വൈതത്തെ സമർത്ഥിച്ച് കടന്നു പോകുന്ന ഒരു ആചാര്യന്റെ ചിന്താബന്ധുരമായ പദ്ധതി ചിരി പോയി സമാധി മണ്ഡപത്തിൻ്റെ ഉടമസ്ഥത പറഞ്ഞ് തർക്കിക്കുമ്പോഴും തീർത്ഥാടനത്തിന് ഒരുങ്ങി മുദ്രാവാക്യം മുഴക്കി നീങ്ങുമ്പോഴും ഇതൊന്നു ഉരുവിട്ടിരുന്നെങ്കിൽ നമുക്ക് ബോധ്യമായേനെ ഗുരു ആരാണോ അവാ ജീവിതത്തിൻ്റെ ചിന്ത ഏറ്റവും അവസാന ഭാവപ്പെട്ടി ജീവബുദ്ധ്യാദി തംശകേ ആത്മബുദ്ധ്യമേവാഹം അവിടെ എത്തി ദേഹബുദ്ധ്യാതു ദാസോഹം രാമൻ ചോദിച്ചു നീ ആരാണെന്ന് ആഞ്ജനേയനോട് ചോദിച്ചത് മുക്തിയത്തിലാണെന്ന് തോന്നുന്നു അഞ്ജനേയൻ പറഞ്ഞു ദേഹബുദ്ധിയിൽ ഞാൻ അങ്ങളുടെ